വിശ്വസിച്ചവരെ നിങ്ങളല്ലാഹു സുഹാനഹുവറ്റായയെയും റസൂലിനെയും മുഹമ്മദ് നബിസല്ലാഹു അലഹി വസ്ല്ലം നിങ്ങളുടെ കാര്യത്തിലുള്ള അധികാരപ്പെട്ടവരെയും അനുസരിക്കുക ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ നിങ്ങളല്ലാഹു സുബാനഹുവറ്റായയിലും റസൂലിലും മുഹമ്മദ് നബിസല്ലാഹു അലഹി വസ്ല്ലം വിശ്വസിക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിംഗലേക്കും റസൂലിംഗലേക്കും മടക്കുക അതാണ് ഏറ്റവും ഉത്തമവും ഏറ്റവും നല്ല പരിസമാപ്തിയും